ം ആറ് യഹോവ അരുളി ചെയ്യുന്നത് കേൾപ്പീൻ നീ എഴുന്നേറ്റ് പർവ്വതങ്ങളുടെ മുമ്പാകെ വ്യവഹരിക്ക കുന്നുകൾ നിന്റെ വാക്ക് കേൾക്കട്ടെ പർവ്വതങ്ങളും ഭൂമിയുടെ സ്ഥിരമായ അടിസ്ഥാനങ്ങളുമായുള്ളവേ യഹോവയുടെ വ്യവഹാരം കേൾപ്പീൻ യഹോവയ്ക്ക് തന്റെ ജനത്തോട് ഒരു വ്യവഹാരം ഉണ്ട് അവൻ ഇസ്രയേലിനോട് വാദിക്കും എന്റെ ജനമേ ഞാൻ നിന്നോട് എന്തു ചെയ്തു ഏതോന്നിനാൽ ഞാൻ നിന്നെ മുഷിപ്പിച്ചു എന്റെ നേരെ സാക്ഷീകരിക്കാം ഞാൻ നിന്നെ മിശ്രൈം ദേശത്ത് നിന്ന് പുറപ്പെടുവിച്ചു അടിമ വീട്ടിൽ നിന്ന് നിന്നെ വീണ്ടെടുത്തു മോശിയെയും അഹരോനെയും മിരിയാമിനെയും നിന്റെ മുമ്പിൽ അയച്ചു എന്റെ ജനമേ നിങ്ങൾ യഹോവയുടെ നീതിപ്രവർത്തികളെ അറിയേണ്ടതിന് മോവാബ് രാജാവായ ബാലാഖ് ആലോചിച്ചതും ബയോരിന്റെ മകനായ ബിലയാം ഉത്തരം പറഞ്ഞതും ഷിപ്പീം മുതൽ ഗിൽഗാൽ വരെ സംഭവിച്ചതും ഓർക്കുക എന്തോന്നുകൊണ്ട് ഞാൻ യഹോവയുടെ സന്നദ്ധിയിൽ ചെന്ന് അത്യുന്നത ദൈവത്തിന്റെ മുമ്പാകെ കുമ്പിടേണ്ടു ഞാൻ ഹോമയാഗങ്ങളോടും ഒരു വയസ്സ് പ്രായമുള്ള കാളക്കിടാക്കളോടും കൂടെ അവന്റെ സന്നദ്ധിയിൽ ആയിരം ആയിരം ആട്ടുകൊറ്റനിലും പതിനായിരം പതിനായിരം തൈല നദിയിലും യഹോവ പ്രസാദിക്കുമോ എന്റെ അതിക്രമത്തിനുവേണ്ടി ഞാൻ എന്റെ ആദ്യജാതനെയും ഞാൻ ചെയ്ത പാപത്തിനുവേണ്ടി എന്റെ ഉദരഫലത്തെയും കൊടുക്കേണമോ മനുഷ്യ നല്ലതെന്തെന്ന് അവൻ നിനക്ക് കാണിച്ച് തന്നിരിക്കുന്നു ായം പ്രവർത്തിപ്പാനും ദയാതൽപരനായിരിക്കാനും നിന്റെ ദൈവത്തിന്റെ സന്നദ്ധിയിൽ താഴ്മയോടെ നടപ്പാനുമല്ലാതെ എന്താകുന്നു യഹോവ നിന്നോട് ചോദിക്കുന്നത് കേട്ടോ യഹോവ പട്ടണത്തോട് വിളിച്ചുപറയുന്നത് നിന്റെ നാമത്തെ ഭയപ്പെടുന്നത് ജ്ഞാനമാകുന്നു വടിയെയും അതിനെ നിയമിച്ചവനെയും ശ്രദ്ധിപ്പീൻ ദുഷ്ടന്റെ വീട്ടിൽ ഇനിയും അനീതിയുള്ള നിക്ഷേപങ്ങളും ശാപകരമായ കള്ളയളവും ഉണ്ടോ കള്ളത്തുലാസും കള്ളപ്പടികളിട്ട സഞ്ചിയുമുള്ളവനെ ഞാൻ നിർമ്മലനായി എണ്ണുമോ അതിലെ ധനവന്മാർ സാഹസപൂർണന്മാർ അതിൻ്റെ നിവാസികൾ വ്യാജം സംസാരിക്കുന്നു അവരുടെ വായിൽ അവരുടെ നാവ് ചതിവുള്ളത് തന്നെ ആകയാൽ ഞാൻ നിന്നെ കഠിനമായി ദണ്ഡിപ്പിക്കും നിന്റെ പാപങ്ങൾ നിമിത്തം നിന്നെ ശൂന്യമാക്കും നീ ഭക്ഷിക്കും തൃപ്തി വരികയില്ല വിശപ്പ് അടങ്ങുകയുമില്ല നീ നീക്കിവെക്കും ഒന്നും സ്വരൂപിക്കയില്ല താനും നീ സ്വരൂപിക്കുന്നത് ഞാൻ വാളിന് ഏൽപ്പിച്ചു കൊടുക്കും നീ വിതയ്ക്കും കൊയ്യയില്ല നീ ഒലിവായ് ചവിട്ടും എണ്ണ പൂശുകയില്ല മുന്തിരിപ്പഴം ചവിട്ടും വീഞ്ഞ് കുടിക്കയില്ല താനും ഞാൻ നിന്നെ ശൂന്യവും നിന്റെ നിവാസികളെ പരിഹാസവിഷയവും ആക്കേണ്ടതിനും നിങ്ങൾ എന്റെ ജനത്തിന്റെ നിന്ന വഹിക്കേണ്ടതിനും ഒമ്രിയുടെ ചട്ടങ്ങളും ആഹാപഗ്രഹത്തിന്റെ സകല പ്രവർത്തികളും പ്രമാണമാക്കിയിരിക്കുന്നു അവരുടെ ആലോചനകളെ നിങ്ങൾ അനുസരിച്ച് നടക്കുന്നു